പ്രവാചകന്മാരിൽ നിന്നും നിന്നിൽ നിന്നും നൂഹഅാലിഹിസലാം ഇബ്രാഹീം അലിഹിസലാം മൂസ അലിഹിസലാം മറിയമ്മിന്റെ മകൻ ഈസ അലിഹിസലാം എന്നിവരിൽ നിന്നും ഞങ്ങൾ കരാർ സ്വീകരിച്ച സന്ദർഭം ഓർക്കുക അവരിൽ നിന്ന് ഞങ്ങൾ ശക്തമായ ഒരു കരാർ സ്വീകരിച്ചു